മുപ്പത് വിരക്ത മഹാത്മാനും സംവിക്ത അവാദ പുരുഷൻ വിദ്യുക്ത വന്തിയാണ് ഭോഗമോക്ഷേകുന്നാണ് വിരക്ത വിരക്തന്മാരായിട്ടുള്ള ആത്മാക്കൾ സുവിവിക്ത വിവേചനം ചെയ്തറിഞ്ഞ ആത്മാനെന്ന വിവേകമുള്ളവർ ഭവാദ രാമനോട് പറയണോ ഇഷ്ടം തന്നെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള പുരുഷൻ അവരെ താൻ വന്ധ്യാന ഭോഗ മോക്ഷ ഏകഭാഗ ണോ അഭിവന്ധ്യരാണ് പൂജനീയരാണ് ഭോഗത്തിനും മോക്ഷത്തിനും മുഖ്യമായ അധികാരികളാണ് രണ്ടിന് മോക്ഷത്തിന് മാത്രമല്ല തുടർന്ന് പറയുന്നു അത് തന്നെ മറ്റു സ്ഥലങ്ങളിൽ പറയുന്നതിലെ ശ്രേയസ് മോക്ഷം അതിന് മാത്രമല്ല ത്രേയസിൽ ലൗകികമായ ഭൗതികമായ നേട്ടങ്ങൾ അധികാരികളാണ് സുജരാമൻ പിന്നീട് രാജാവകുകയോ ശ്രീജ്ഞാനിയാകുകയോ ഇവിടുത്തെ കഥാപാത്രം രാമായണ ഇവിടുത്തെ കഥാപാത്രം രണ്ടുമാവുക രാജാവാകുന്നു ജ്ഞാനിയുമാകും അപ്പോൾ ഭോകത്തിനും ഏക മുഖ്യമായി ഏകോ മുഖ്യാന് കേരശ ശുദ്ധത്തിന് മുഖ്യം നിർത്തണം അധികാരികളായി തീരുന്നു ഏ സുവിക്ത ഭ വിരക്ത മഹാത്മാന താൻ ഭോഗമോക്ഷേമ ഭാഗതാൻ പന്ത്യൻ പുരുഷാൻ മിദ്ധി അതാണോ വിവേകമുള്ളവർ വിരക്തന്മാരുമായിട്ടുള്ള നിന്നെപ്പോലെയുള്ള മഹാ മക്കൾ അവരുടെ ലോകത്തിലും മോക്ഷത്തിലും മുഖ്യാധികാരികളും പൂജനീയരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവരോട് രണ്ടിനും ഒരുമിച്ച് അവതരിപ്പിക്കുകയാണ് അതേസമയം അവിടെ പറയുന്നത് ഭോഗത്തിലും മോക്ഷത്തിലും മുഖ്യാധികാരികളാണ് എന്ത് പറയും പിന്നെ വിരക്തന്മാരാകുന്നതിങ്ങനെ ഭോഗത്തിലും തന്നെ വിരക്തി വേണ്ടത് ഇവിടെ മുമ്പോട്ട് പറയുന്നതനുസരിച്ച് അവിടെ വിരക്തി വേണ്ടത് അന്യായമായി പോകുന്നത് ധാർമ്മികമായ അന്യായമായ അനുപേക്ഷണീയങ്ങളായ അവശ്യം മാനുഷിക വിഭവങ്ങൾ അതിലുഭവങ്ങളും നോക്കി എനിക്ക് ഒരാൾക്ക് അർഹതപ്പെട്ടു അർഹതയ്ക്കാണ്ട് കൊടുക്കാതെ അങ്ങനെ അർഹമായ തെറ്റില്ല എന്നുള്ള വർഷം കൂടെ സ്വീകരിച്ചിരിക്കുന്നു എല്ലാം ഉപേക്ഷിക്കുക അതല്ലേ അർഹതയുള്ളതും ആവശ്യമുള്ളതും ഒക്കെ ഒരാൾക്ക് ആഗ്രഹ സസ്യസിദ്ധനം മറ്റുള്ളവരുടെ സമ്പത്തും ദുരാഗ്രഹം പാടില്ല അവരുടെ ദൃദ്രദൃഷ്ടി പാടില്ല കഴുക കണ്ണുതി വയ്ക്കാൻ പാടില്ല അത് പാടില്ല തനിക്ക് അർഹതപ്പെട്ടത് തനിക്ക് അവകാശപ്പെട്ടത് അപ്പോൾ കുറച്ചുകൂടി എന്താണ് വാസ്തൻ്റെ നിലപാട് കാലോചിതമാണ് ഭൗതികമായ സമ്പത്ത് നേരിയുക്തമായി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതിനെല്ലാവർക്കും അവകാശവും അധികാരമാണ് എന്നൊരാശയം ഇതിലുണ്ട് അത് കുറച്ചുപേർ അതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നിട്ട് ജീവിക്കണം എന്ന് പറയുന്ന പഴയ കഠിനത്തെ ബസ് അതിനെല്ലാം കൂടെ പറയും പല സന്ദർഭങ്ങളിൽ നിന്നൊക്കെ പല രീതിയിൽ പറയും ഇങ്ങനെ ഒരാശയത്തെയും ഇവിടെ പ്രോത്സാഹിപ്പിക്കും എന്ന് മാത്രമേ ഒന്നും പറയരു ചിലടത്ത് വൈരാഗ്യത്തെയും പ്രശംസിക്കും അപ്പം ഇതൊക്കെ വ്യക്തി ഇപ്പൊ രാമനെന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചു ഭാവി രാജാഭാവികളാണ് അതിനാണ് അതിനനുസരിച്ചുള്ള ഉപദേശം കൊടുക്കുക ഭൗതികം പൂർണ്ണമായി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ രാജഭരണം സാധ്യമാവും ഇതൊക്കെ അത്യധികമായും വ്യക്തി നിഷ്ടംന്ന് തോന്നുന്ന പ്രവണതകൾ താല്പര്യമൊക്കെ അനുസരിച്ച് ചിലർക്ക് എല്ലാം ഉപേക്ഷിച്ചുള്ള വിരക്തമായ ജീവിതത്തിനോട് താല്പര്യമില്ല അങ്ങനെയാകാം ആ ഭാവങ്ങളും വരുന്നുണ്ട് അല്ല അവർക്ക് ഈ ലോകത്തിൽ തന്നെ ധാർമ്മികമായി ജീവിക്കാം ആരെയും ചൂഷണം ചെയ്യാതെ വഞ്ചിക്കാതെ ജീവിക്കാത്ത ശരി അതിനെയും അംഗീകരിക്കും ആ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭോഗം മോക്ഷയും പറയുന്നത് പൊതുവെ ജനസമ്മതിയുള്ള ഒരാശയാണ് മറ്റത് അപൂർവം പേർക്ക് മാത്രമേ സാധിക്കൂ പരിപൂർണമായവരാണ് വിവേകം പരമാശ്രീ വൈരാഗ്യാഭ്യാസ രോഗകഥ സംസാര സരിതം പോലാ വിവേകം പരമാശയം പരമമായ വേഗത്തെ ആശ്രയിച്ചിട്ട് അതിനാണ് മുമ്പ് പറഞ്ഞ സ്വയം യുക്തമെന്ന് പറയുന്നത് ഇവിടെ വിവേകമൊന്നും ഓരോ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ആത്മതത്വ വിവേകമാണ് പിന്നെ ഇവിടെ പൊതുവായി പറയുന്ന ഇനി പറയാൻ പോകുന്ന ആത്മതത്വ വിവേകത്തിന് ഉപകരിക്കുന്ന സദ്ഗുണങ്ങൾ അതിൻ്റെ അതിനെ തിരിച്ചറിയുക അതിനെ സ്വീകരിക്കുക അതെല്ലാം ഉപയോഗിക്കുന്നു രണ്ടും പറയും വൈരാഗ്യാഭ്യാസ യോഗത്ത അഭ്യാസ വൈരാഗ്യാഭ്യാന്ത നിരോധ യോഗ സൂത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നു അഭ്യാസ വൈരാഗ്യങ്ങളിലൂടെ അതാണ് വൈരാഗ്യാഭ്യാസ യോഗം വൈരാഗ്യവും അഭ്യാസവുമാകുന്ന യോഗം അതുകൊണ്ടതാണ് യോഗം അവിടെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് വൈരാഗ്യം എന്ന് പറയുമ്പോൾ അധാർമികമായ വിഷയങ്ങളിൽ നിന്നും വിദഗ്ധനായിരുക രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ വിവേകവും വൈരാഗ്യം എന്ന് പറയുമ്പോഴത്തും എല്ലായിടത്തും മനുഷ്യർക്ക് വിവേകം ഉണ്ടാകും അത് എളുപ്പമാണ് പക്ഷെ വിവേകമുണ്ടാകുന്നിടത്ത് വൈരാഗ്യം ഉണ്ടാകണമെന്നില്ല എന്താണ് സംഭവിക്കുന്നത് വിവേകമുണ്ട് പക്ഷേ വിവേകം ഉണ്ടെത്തിയാലും മനുഷ്യന്റെ സ്മൃതി ബുദ്ധി സ്മൃതിഭ്രംശവും ബുദ്ധിനാശവും അംഗീകരിക്കും അവിടെ ഭക്ഷിക്കാരം കാര്യം എന്താണ് ഗുരുവിനോട് കോപം കൊണ്ട് സ്മൃതി ഭ്രംശം വിവേകം അങ്ങനെ പലതരത്തിലും വരാം ഇപ്പൊ വിവേകമുണ്ട് അവിടെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയാം പക്ഷെ ഒരു സാഹചര്യം സ്മൃതിഭ്രംസം വരുന്നു അതും മനസ്സിൽ നിന്ന് എന്നിട്ട് പെട്ടെന്ന് തന്റെ വാസനാപ്രേരിതനായി ധർമ്മവിഭ്രംശം വരുന്നു അതാണ് തന്റെ ധർമ്മമാണ് എന്താണെന്ന് അറിയാം പക്ഷേ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും ധർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും മുഖ്യമായ കാര്യം അപ്പൊ അതിൽ നിന്നങ്ങോട്ട് വ്യതിചലിച്ചു പിന്നെ ബുദ്ധിനാശം സംഭവിക്കുന്നു പ്രണശ്ശേരി പിന്നെ നാശം സംഭവിക്കുന്നു ഇത് സംഭവിക്കുക എന്ത് വേണം വിവേകവും വേണം വൈരാഗ്യം രണ്ടിന്റെയും നിരന്തരമായ അഭ്യാസം അതിനോടനുബന്ധിച്ച് എന്തൊക്കെയാണ് വേണ്ടത് അതിൻ്റെ എല്ലാം നിരന്തരമായ പരിശീലനം വേണം അപ്പൊ വിവേകം വൈരാഗ്യം പരിശീലനം പരിശീലനം വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലുമൊക്കെ നിലനിർത്തി ജീവിക്കുക എളുപ്പമുള്ള കാര്യമില്ല വിവേകം നേടിയവരും ഭ്രമിച്ചത് അത് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പറയുന്നു വിവേകം പരമാശ്രസ് വിവേകങ്ങൾ വൈരാഗ്യാഭ്യാസ വൈരാഗ്യാഭ്യാസമാകുന്നയോ അതും വേണം സംസാര സഹിതം <Ghoram> agana, ാം ആപത്തം ഉത്തരേ സംസാര സരി ആകുന്ന സംസാര നദിയാകുന്ന ഘോരമായി ആപത്തിനെ മറികടന്ന ഉത്തരേ ആ ആപത്തിനേനൂടെ കാണിക്കുന്നത് ഒരാൾക്ക് സ്മൃതിഭ്രംശവും ബുദ്ധിനാശവും വരുമ്പോൾ അയാൾ വലിയ ആപത്തുകളിൽ ചെന്ന് ഇയാൾ ഇവിടെ തന്നെ സംസാര സരീതം ഇമാ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ഇവിടെ തന്നെയുള്ള അപത്തുകൾ ചിരിക്കുകയാണ് ഇമാൻ കൃഷി നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ ജീവിതത്തിൽ തന്നെ നമ്മൾക്ക് ഭ്രംസ സംഭവിച്ച് അപകടങ്ങളിൽ ചെന്നിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക്കാത്ത കാര്യമില്ല പിന്നെ ഉപദേശിക്കുന്ന എന്താണ് സംഭവിച്ചാൽ അതൊന്നും കല കയറാൻ ഇനി സമയമുണ്ടെന്ന് മനുഷ്യനെ ഓർപ്പിക്കാൻ വേണ്ടിട്ടാണെന്ന് പറയുന്നത് സംഭവിക്കില്ല എന്നുള്ള ഗ്യാരണ്ടിയുള്ള കാര്യം സംഭവിച്ചാലും അതെന്നു രക്ഷിക്കാം അതിനുവേണ്ടി അതാണ് നമ്മൾ ഉത്തരേതിനെ തരണം ചെയ്യണം തരണം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നദിയിലാകുമ്പോഴാണ് അതിനെ തരണം ചെയ്യുന്നത് തരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല ഒരു കറിയിൽ നിന്നും മറു കറിയിൽ എത്തിച്ചേരണം അതാണ് ഉത്തരേ എന്ന് കാര്യം അതിനുള്ള പരിശ്രമത്തെ കാണിക്കുകയാണ് പരമം വിവേകം ആശ്രയിച്ച് പരമുമായി വിവേകത്തെ ആശ്രയിട്ട് വൈരാഗ്യാഭ്യാസ രൂപ വൈരാഗ്യ അഭ്യാസമാകുന്ന യോഗം ഇമാം ഘോ സംസാരസോരമായ ഇമാം ഘോ സംസാരസരിതം ആപകം സംസാര സരുന്ന ആപത്തിന് ആപഥം ആപഥ ആപഥം രീതി പഠിച്ചിട്ടുണ്ട് എവിടെയാണ് പഠിച്ചത് പഷ്ടിഭാവര് രണ്ടോകളും വാക്വൽ പ്രസംഗിയോഹോ ആപഞ്ച അലന്താനം ആ പദാം എന്നും ആപദം എന്നും രണ്ടു രീതിയിൽ പ്രയോഗിക്കുന്നുണ്ട് ആപതം എന്ന് പ്രയോഗിച്ചിരിക്കുന്നു അത് പഠിച്ചത് ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിക്കാത്തവരാറിയേണ്ട കാര്യമായിട്ട് ഈ ആപത്തിന് തരണം ചെയ്യേണ്ട സ്വപ്തവ്യ സംസാരമായ ശുഭ വിജാനക വിഷമോച്ഛന സമൂഹ വിവേകിന സ്വസ്തവ്യം മയങ്ങിപ്പോകരുത് മയങ്ങിപ്പോകരുതെന്ന് പറഞ്ഞാൽ സാമാന്യമായ ജനങ്ങളെല്ലാം ഒരു മയക്ക ജീവിതം സംസാരമായ ചൂടെ ഈ സംസാരമായകളിൽപ്പെട്ടിരിക്കുന്നു എല്ലാം സംസാരമായ എന്ന് ഭൗതികാസക്തി മനുഷ്യന് നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങൾ ലോകത്തിൻ്റെ സംസാരമായ പണം അധികാരം പ്രശസ്തി ഇതിനുവേണ്ടിയിട്ടുള്ള പരക്കം പാച്ച എല്ലാം സമ്പാദിക്കുന്നതിനുള്ള വ്യഗ്രത ഇതെല്ലാം വലിയ പ്രലോഭനങ്ങളായി മനുഷ്യന്റെ മനസ്സിലുണ്ട് മനുഷ്യരെല്ലാം ഇനി നിരന്തരം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഭൗതിക ആത്മീയങ്ങളും വ്യത്യാസം ഭൗതികം എന്ന് പറയുന്നത് മനുഷ്യൻ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികളം ലഭിക്കുന്നു അവരവിടെ പരിശ്രമിക്കുന്നു കുറേയൊക്കെ നേടുന്നു കുറെ നഷ്ടപ്പെടുന്നു കുറെ മോഹങ്ങളും നഷ്ടസ്വസനങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്നു മരിച്ചുപോകുന്നു അവർക്ക് ജീവിതത്തിൻ്റെ സാരാസാരങ്ങളെ കുറിച്ചുള്ള ചിന്തകളൊന്നും അവരങ്ങളിൽ ജീവിച്ചു വരുക അവരേലുമുള്ള പ്രചരിക്കുന്നത് എന്താണ് സസ്തയും അതായത് മയങ്ങിക്കിടക്കുന്ന പോലെ അത് ഭൗതികത്തിന്റെ സ്ഥിതി ആത്മീയത എന്ന് പറഞ്ഞാൽ അതൊരു ലേബല് മാത്രമാണ് ആർക്കും എടുത്ത് പൊട്ടിക്കാവുന്ന ഒരു ലേബൽ ആന്തരികമായി ഇതുപോലെയൊക്കെ തന്നെ വലിയ വ്യത്യാസം അവിടെയും മനുഷ്യനൊരുപാട് ആശങ്ക പ്രതീക്ഷിച്ചു ഞാൻ വെച്ചേനും ജീവിക്കുന്നു ലേബലിന്റെ വ്യത്യാസം തന്നെ അവിടെയും മനുഷ്യൻ എന്താണ് ചെയ്തിരിക്കുന്നത് ഇതിൽ മയങ്ങിപ്പോകുന്നു അതുകൊണ്ടാണ് പറയുന്നത് നസപ്തവ്യം അങ്ങനെ മയങ്ങരുത് മയങ്ങാനുള്ള സാധ്യത എല്ലായിടത്തും ഭൗതിക എല്ലായിടത്തും അതിനും ഒരു വ്യത്യാസമുണ്ട് സംസാരം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എന്റെ ചെറിയ പ്രായം വായിച്ച തപോവനസ്വാമിയാണ് ബസ് അദ്ദേഹം വിശേഷത്തിന്റെ കൈലാസാസിലൊക്കെ കുറേ വനത്തില് പോയിരുന്നിട്ട് സ്മരിക്കുന്നവരായിരിക്കും ഞാനവിടെ പലപ്പോഴും പോയിരിക്കും പോകുമ്പോഴുള്ള ഇത് സ്മരിച്ചിട്ടുണ്ട് സംസാരം എന്ന് പറയുന്നത് കേരളം ഈ മാറ്റം എന്ന ഒരു വ്യത്യാസം എല്ലാളും ഇതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം പോലും സംസാരത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഹിമാലയത്തിൽ പോയത് അവിടെ ചെന്നപ്പോ എന്താ മനസ്സിലാക്കിയത് കണ്ടിടും അതുപോലെ തന്നെ പ്രത്യേകിച്ചൊരു മഹത്വമില്ല പിന്നെന്തിനാണ് അവിടെ പോയിരുന്നത് പരിശ്രമിക്കും എന്നുള്ളത് എന്നാൽ ലോകം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിനും ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ വീടായാലും ആശ്രമമായാലും ഒക്കെ സംസാരം ഉണ്ടാവും അതൊന്നും വ്യത്യാസമൊന്നുമില്ല വീടാകുമ്പോ ഉത്തരവാദിത്വത്തോടെ ജീവിക്കും ആശ്രമമാകുമ്പോൾ ഉത്തരവാദിത്വം കൊണ്ട് ജീവിക്കും ഈ ഒരു വ്യത്യാസങ്ങൾ വേറെ വ്യത്യാസങ്ങളും സംസാരം എന്നുവെച്ചാൽ അത് എന്തിനെക്കുറിച്ച് പറയുന്നത് പുറലോകത്ത് കണ്ടിട്ട് മാത്രമല്ല അവനും എന്റെ മനസ്സിന് കൂടെ കണ്ടിരുന്നു മനസ്സൊരിടത്ത് മാറി മനസ്സിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും മനസ്സിൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളും മോഹഭംഗങ്ങളും എല്ലായിടത്തും പരാതികളും പരിഭവങ്ങളും എവിടെ ചെന്നിരുന്ന അതിനൊക്കെ ഉപരി നിൽക്കുന്ന ഒരു മനസ്സ് അതിനെ നോക്കാത്മീയ മനസ്സ് തോടിക്കാം അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അപ്പൊ അത് കാണാത്ത കൊണ്ടാണ് പറയുന്നത് ചുറ്റുപാടുള്ളൂ അങ്ങനെ അവിടെയും മനുഷ്യരുണ്ടായി സംസാരത്തിൽ മുഴുകിക്കിടക്കുകയാണ് അവരെയും എന്താണ് രാപകരവിടെ ചുറ്റുപാടും കാണുന്നു മനുഷ്യരെ കാണുന്നു നമ്മൾ ചിന്തിച്ചു ഇവരെന്താ എന്താണ് ഭൗഗിക തൽപ്പരന്മാർ ജീവിതത്തിൽ എന്തെങ്കിലും ആർജിക്കാനും എന്തെങ്കിലുമൊക്കെ നേടാനും ചെറു കൂട്ടാനും ശ്രമിക്കുന്നവരേ ഉള്ളൂ അവിടെ എന്താ ചെന്നാലും ഞാൻ പറയുന്ന കേവലം ലൗകികരെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ അവിടെ ചിന്തിച്ച കാര്യമില്ല അവിടെ ചെന്ന എന്താണോ ഇവിടെ നിന്ന് എന്താണ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന എന്നെ പോലെയുള്ള ആൾക്കാരും അവിടെ ചെന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു ഭക്ഷണം ചെയ്തു കിടന്നു ഇവിടെ അത് ചിലഭമെന്നും തേടി കിടക്കേണ്ട കാര്യം ഇവിടെ അത് ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു അതെവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കിടക്കുന്നു പിന്നെ കുറച്ചുകൂടി പ്രാക്ടീസായി കഴിഞ്ഞാൽ പിന്നെ ആശ്രമം കിട്ടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എല്ലാം ഇത്തരം പ്രവർത്തികൾ ഇവിടെ മനുഷ്യനെന്താണത് അതാണ് സന്യസിച്ചില്ല വീട് വീഴ്ച നാട്ടിലിരുന്ന് എന്റെ നാട്ടിലിരുന്ന് കൊണ്ട് അത് സ്വന്തം സ്ഥലത്തൊരു വീട് കെട്ടാമോ സന്യാശിയായി ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ അവൻ പുറം പോക്കിന് വീട് വയ്ക്കാമോ ഇത്രയുള്ള വ്യത്യാസം അതിനാശ്രമവും പേരും അവിടെ പുറം പോകുന്ന നിറയെ വീടുകളാണ് എല്ലാ ശ്രമവും ഇതൊക്കെ എന്താ വ്യത്യാസം ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചതായി കൊണ്ടാണ് മടങ്ങി വന്നത് എനിക്കങ്ങനെ ഒരു സോക്കാരവിടെ പോയിരുന്നാലും ചിന്തിക്കും അങ്ങനെ ഒരു ഉഴപ്പം എല്ലായിടും ഒരുപോലെ തന്നെയാണ് സംസാരത്തിന് ഓരോ വ്യത്യാസവും സംസാരം എന്ന് ഈ പറയുന്ന ജീവിതം മനുഷ്യ ജീവിതം ആയാലും ഒരു സ്ഥലത്തും ഒരു വ്യത്യാസം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കും അല്ല വ്യത്യാസം പറഞ്ഞെങ്കിൽ എവിടെ വരണം അത് എവിടെ നമ്മുടെ മനസ്സിന് മനസ്സിന് മാറ്റം വരിക എന്ന് മാറ്റം വരിക എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും വരേണ്ടതാണ് അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പറയുന്നു പിന്നെ സ്വസ്ഥം ഈ മയങ്ങിപ്പോകരുത് എന്ന് പറയുന്നു നമ്മളൊരു മയക്കത്തിലാണ് ശരിക്കും അങ്ങനെയാണ് നമ്മൾ ജാഗ്രതയിലിരിക്കുന്നു ഇതൊക്കെ കാണും പിന്നെ ഉറക്കത്തിലേക്ക് പോകും അതാണ് മയക്ക അവിടെ ചെന്നിട്ട് സ്വപ്നങ്ങളാണ് ചെന്നിട്ട് അതൊക്കെ ജാഗ്രത ആണെന്ന് വിചാരിക്കും അപ്പൊ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റും അപ്പൊ ആത്മീയ ജീവിതത്തിൽ ഒന്നല്ല ആൾക്കാർ ആത്മീയ സ്വപ്നങ്ങളിലാക്കി അത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ തിരിച്ചറിയുന്നതിനെ കുറിച്ച് ഇനി കുറച്ചുകഴിഞ്ഞു പറയും എന്നാണ് സേമുഷീല ചെറിയൊരു തിരിച്ചറിവ് ആവശ്യമാണ് എനിക്കത് ഉണ്ടാവുന്നു തപോൻ സ്വാമി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് തപോൻ സ്വാമിയുടെ ഒന്ന് തപോൻ സ്വാമി സ്വയം എഴുതിയ മലയാളത്തിൽ ഹിമഗിരി വിഹാർ മറ്റൊന്ന് തപോവന സ്വാമിയെ കുറിച്ചും മറ്റൊരാൾ എഴുതിയ തപോവന ചരിതം രണ്ട് ബുക്കുകൾ ആ ചിന്നയാൻ സ്വാമി കുറച്ചുകാലം വളരെ കുറച്ചു കാലം തപോവൻ സ്വാമിയുടെ അടുത്ത് പോയി അവിടെ താമസിച്ച് കുറച്ച് സമയം ഒക്കെ മനസ്സിലായി തപോവൻ സ്വാമി നമുക്ക് പറ്റിയ ആളല്ല അത് തപോൻ സ്വാമിയുടെ വളരെ സ്ട്രിക്റ്റായ ജീവിതം ഹിമാലയത്തിന് മാത്രം യോജിച്ച ആ ജീവിതം അതൊന്നും താങ്ങാൻ ചിമ്മയാനന്ത സ്വാമിക്ക് ഒന്നും ആമ്പിയറിലായിരുന്നു നമ്മൾ തിരിച്ചുപോകുന്നു അപ്പൊ അവസാനം വരെ ഒരു ജീവിതത്തിൽ ജീവിച്ചു തഭവാൻ സ്വാമിയുടെ അറിവിന്റെ ആഴവും ജീവിതത്തിന്റെ വിശുദ്ധി നിഷ്ഠകൾ അത് ആർജിച്ചവര് സമീപകാലത്തമാരും ഉണ്ടായിട്ടില്ല അതൊക്കെ ഹിമാലയത്തിലിരുന്നുണ്ട് ആർജിച്ച അതൊക്കെ ശരിയെന്ന് സ്വാമിയുടെ കാഴ്ചപ്പാട് പലതും പിന്നെ ചിന്തിക്കേണ്ട പിന്നെ പലതും കാലോചിതല്ല അങ്ങനെയുണ്ട് ഈ ശങ്കരാചാര്യരുടെ സന്യാസത്തെ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് അത് സ്ട്രിക്റ്റ് ആക്കാൻ ആർക്കും പറ്റത്തില്ല അത് പറ്റൊരു കാര്യം പരമാവധി അത് സ്ട്രിക്റ്റ് ആകാൻ ശ്രമിച്ച ആളാണ് അതിന്റേതായ ദോഷങ്ങളുണ്ട് ആത്മീയ ദോഷമല്ല സാമൂഹികമായ പ്രശ്നങ്ങളും പക്ഷേ സന്യാസ ജീവിതത്തോട് നൂറ് ശതമാനം നിഷ്ഠ പുലർത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഓ ഇതുകൾ മുഴുകിപ്പോകരുത് നസസ്തവ്യം സംസാരമായ സംസാരമായി വരൽ സംസാരമായ അർദ്ധത കാര്യങ്ങളില നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ ചുറ്റും കാണുന്ന എല്ലാ സംസാരങ്ങളും അതിന് മായ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഏതാണ് ഗ്രാഫ്യം എടുക്കേണ്ടത് ഏതാണ് ത്യാജ്യം എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയ പ്രയാസമാണ് ഇന്നതിന്നതൊക്കെ നമുക്ക് എടുക്കാം ഇന്നതിന്നതൊക്കെ ഉപേക്ഷിക്കാം നമുക്ക് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് മായ എന്നതിന് കുഴഞ്ഞു മറഞ്ഞത് നിർവചിക്കാൻ കഴിയാത്ത അതാണ് മനുഷ്യ ജീവിതം ഈ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന വിവേകൾക്കുള്ള അല്ലാത്തവർക്കില്ല വിചാരത അതായത് ഈ ബോധമുള്ളവർ ബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപാതജ്ഞാനവും സാമാന്യമായ ബോധമുണ്ട് പക്ഷെ വിശേഷമായൊരു സ്ഥിരത അതിലില്ല ചകുത്താനും കടലിനും ഇടയിൽപ്പെട്ടവരാണ് ഈ ആത്മീയക്കാരുണ്ട് രണ്ടിന്റെ ഇടയ്ക്കാണ് അവർക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതൊക്കെ അറിയാം എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തതെന്നറിയാം ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് അറിയാം പക്ഷെ ഒരു വഴിക്ക് മാത്രം പോകാൻ പറ്റില്ല അവർ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള അറിവിനെ കുറിച്ചാണ് പറയുന്നത് വിചാരത്ത കാരണം അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്നും മറികടക്കണം എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ് അറിവ് പൂർണ്ണമാണെങ്കിൽ മറികടക്കേണ്ട ആവശ്യമല്ലോ മറികടന്നല്ലോ അറിയില്ലവൻ എന്ന ഉപദേശിക്കാൻ അറിവില്ലാത്തവൻ അറിയില്ല അറിയില്ലവനോട് പറയണെങ്കിൽ വളരെ കരുതലോടുകൂടിയിരിക്കണം എന്ന് പറഞ്ഞെന്താണ് അവന്റെ അറിവ് അവന് പൂർണമായും ഉപകരിക്കുന്നില്ല അവന്റെ അറിവ് അവനെ സഹായിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അറിവില്ലാത്ത ഉണ്ടല്ല വിജനത വിഷമൂർച്ഛന സമൂഹതായനേഷു സംസാരമായസു വിഷമൂർച്ഛം വിഷബാധമുണ്ട് അതെന്താണ് സമൂഹതായു ഒരുതരം സമൂഹത്തെ ഉണ്ടാക്കുന്നത് വിഷബാധ പാമ്പഗടി പാമ്പുകടിയെ കേറ്റവരെ കുറിച്ച് പറയും അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ചികിത്സിക്കാൻ പാടാം പിന്നെ ആധുനിക വിദ്യാശ്വാസം ചികിത്സയ്ക്ക് പാടാണ് നമ്മൾ കഴിയുന്നത് അവരെ ഉണർത്തി എന്തുകൊണ്ടാണ് അവർ ഉറങ്ങിപ്പോകും പക്ഷെ ബാധ ഇത് മരിക്കുന്നതിന് നമ്മളാ കാര്യം പറയാം വിഷബാധ കൊണ്ട് മോഹിക്കുക അതാണ് വിഷമൂർച്ഛനം വിഷം ബാധിക്കുക വിഷം പാമ്പ് കടിച്ചു ചോദിച്ചു വിഷം ബാധിക്കണമെന്നില്ല കൂടിയുടെ ജീവിതം വിഷമില്ലാത്ത പമ്പായിരിക്കും ഈ ആവശ്യത്തിനുള്ള വിഷം കാണത്തില്ല വിഷമൂർച്ഛനോ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മൂർച്ഛിച്ച വിഷമാണ് വിഷബാധ അതുകൊണ്ട് സമൂഹത്തെ പ്രാണി സമോഹത്തെ പ്രാപിക്കും മയക്കത്തിലേക്ക് പോകുക അങ്ങനെ ഒരു മയക്കത്തെ നൽകുന്നതാണെന്ത് സംസാരമായസവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചുറ്റുപാടും കാണുന്നത് എല്ലാം നമ്മളെ മോഹിപ്പിക്കുന്നതും മയക്കുന്നതുമാണ് വിഷഭാഗ് പോലെയാണ് മയങ്ങിപ്പോയാലും അതുകൊണ്ട് പാമ്പ് കളിയായിട്ട് അവരെ അടുത്തിരിക്കുന്നവരെപ്പോഴും ഉണർത്തണമോ ഉണർത്തിക്കൊണ്ടേയില്ല എല്ലാ അവസാനം അവര് ഒരു മയക്കത്തിലേക്ക് വഴുകി വീഴും ഇത് സംഭവിക്കും സാധാരണ മനുഷ്യരല്ല എന്താണ് ഈ മോഹത്തിൽ മയങ്ങി പോകുന്നവരാണ് അങ്ങനെ ജീവിക്കുന്നവരാണോ അവർക്ക് വിവേകമെന്ന് പറയുന്നൊരു വിഷയമേ ആത്മീയമായ ജീവിതത്തിലേക്ക് വരുന്നവർക്കെങ്കിലും കുറച്ച് വിവേകം വേണ്ടേ അതിനുവേണ്ടി ഇവിടെ പറയുകയും വിഷമൂർച്ഛന സമൂഹ ദൈനീഷു സംസാരമായാസോ ഇഹ് ഈ ജീവിതത്തിൽ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു ജീവിതത്തെ കുറച്ചു വിതച്ചാൽ വർത്തമാന ജീവിതത്തിൽ തന്നെ വിചാരിത വിവേകിനാസക്തവ്യം ഉറങ്ങാനും പാടില്ല വിവേകി വിവേകമുള്ളവർ വിചാരിത വിവേകം നമ്മുടെ ഉള്ളിലുണ്ടാവും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ വിവേകമൊന്ന് പക്ഷേ സ്മൃതി വിഭ്രം വിവേകവും സമയത്ത് ഉപയോഗിക്കുന്നു അത് രണ്ടിനും കൂടെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞു വിവേകിയായിരിക്കണം അറിയുന്നവനുമായിരിക്കണം ഒരു വിദ്യ അറിയാം പ്രയോഗിക്കേണ്ട സമയത്ത് മറന്നുപോയി കർണനപ്പോൾ കർണനിൽ വിവേകമുണ്ട് പക്ഷെ സമയത്ത് വിജ്ഞാനം ആ സമയത്ത് കൊണ്ടു ചത്തുപോയി അങ്ങനെ വരാൻ പാടില്ല നമ്മുടെ ഉള്ളിൽ അതിനാണ് സ്മൃതി ഭ്രംശം എന്ന് ഗീതി പറയും അതെല്ലാം ഗീതി പറയും ആത്മീയ പരമാർത്ഥങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മീയമായി എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറയുന്ന പച്ച പരമാർത്ഥങ്ങളാണ് എന്തുകൊണ്ട് ആത്മീയമായി ജീവിക്കുന്നവർക്കെല്ലാം അനുഭവമുള്ള കാര്യങ്ങളാണ് സ്മൃതി ഭ്രംശം എല്ലാവർക്കും എല്ലാവർക്കും അത് സംഭവിക്കും അപ്പോൾ ആ സ്മൃതി ഭ്രംശം കൊണ്ട് സംസാരമായി മയങ്ങി പോവുകയും ചെയ്തു മയങ്ങിപ്പോകുന്നവരോട് പറയുകയാണ് അങ്ങനെ മയങ്ങരുത് അവിടെ നിന്റെ വിവേകം കുതിക്കണം ആവശ്യപ്പെടുകയാണ് എന്തിനായിരിക്കും ആവശ്യപ്പെടുന്നത് നേരം എന്ന് പറഞ്ഞ നിരന്തരം അതിനുവേണ്ടി പറയുകയാണ് ഒരു കീമോതെറാപ്പി പോലെ ഡോക്ടർ പറയില്ല എത്രയെണ്ണം വേണം ഇരുപതെണ്ണം മുപ്പതോണ്ണം നാപ്പതോ അമ്പതോ അറുപതോന്നൊക്കെ പറയും ഇത്രയും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാലേ ഈ ക്യാൻസർ സെല്ലുകളെല്ലാം ദശിക്കത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അഭ്യാസം എവിടെയും പറയുന്നത് ഈ സംസാരമാകുന്ന ക്യാൻസറിനെ നശിപ്പിക്കുന്നതിനുള്ള കീമോതെറാപ്പിയുള്ള വിവേകം അങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് പല വിഷയങ്ങളും വരും പല കാര്യങ്ങളും ചിന്തിക്കേണ്ടി വരും പല കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരും എന്തൊക്കെ ചെയ്താൽ തെറാപ്പിടാൻ പറ്റും നിരന്തരം ചെയ്യുന്നുണ്ടേ അതാണ് ഇവിടെയും പറയുന്നത് വിവേകിനാ വിജാന വിഷമൂർച്ച സമൂഹ ദൈഷ സംസാരമായ വിവേകിനാം വിജാനക അന്ന സ്വസ്ഥ മയങ്ങിപ്പോകരുത് ഇവിടെ വളരെ മനോഹരമായി മലയാളത്തിലെ ഒരാൾ തറച്ചുക മയാ മയമി പ്രപഞ്ചകാര്യങ്ങളിൽ വരഞ്ഞു പോകാൻ വേണ്ടി പലപ്പോഴും ഓർക്കുന്നതും പലപ്പോഴും മറഞ്ഞിട്ടുള്ളതുമാണ് ഇതിന്റെ ആശയം തർജ്ജിക്കുന്നത് ഇത് മറക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ആത്മീയമായ ജീവിതത്തിലുള്ള ഒരാൾ മറിഞ്ഞു പോകട്ടില്ല വണ്ടിയൊക്കെ മറിയിട്ടില്ല റോഡിലൊക്കെ മറിഞ്ഞു നാല് പേരും പൊങ്ങി കിടക്കുന്നില്ല അതുപോലെ കിടക്കത്തില്ല എന്നാ സ്ലിപ്പാകത്തില്ല മഴയത്തൊക്കെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോ സ്ലിപ്പാകും അതുപോലെ സ്ലിപ്പാകത്തില്ല എത്ര സ്ലിപ്പറി ആയ റോഡിലൂടെ വഴിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു സ്ലിപ്പറി റോഡ് സ്ലിപ്പോഡാണ് സോഴിച്ചോടിക്കുന്നത് അപ്പൊ അവിടെ സ്ലിപ്പാകാതിരിക്കണെങ്കിൽ എന്തുവേണമോ ായി മറിഞ്ഞു പോകാതിരിക്കണെങ്കിൽ ഇത് ഓർത്തിരിക്കണെങ്കിൽ പറയും പേയായി മലഞ്ഞു പോകാതിരുന്നോ മയങ്ങി പോകരുത് സ്ലിപ്പായി പോയവർക്കും കുഴപ്പമൊന്നുമില്ല ഇനി സ്ലിപ്പാകാതിരിക്കാൻ ഇത് പോയി അതാണ് ഇവിടെ പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ ഇതിലും പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഒരു ആചാര്യനും തരാനില്ല വാസിഷ്ടത്തിന്റെ മഹത്വം ഇങ്ങനെ കുറേ ഭാഗങ്ങളുള്ള അതുകൊണ്ടാണ് വാസിഷ്ടവും ചർച്ചയോ എന്ന് ഞാൻ വിചാരിച്ചത് ചിലപ്പോ ഇവിടെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇതൊന്നും ഉപകാരപ്പെട്ടില്ല എന്നു എന്നാലും നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം എനിക്ക് ഉപകാരപ്പെട്ടാലോ എന്നൊരു പ്രതീക്ഷ ചിത്രത്തിലൊന്നും ആവശ്യമില്ലാത്തവരല്ല അതുകൊണ്ടാണ് ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇതുപോലുള്ള വലിയ ഒരേ സമയം ലളിതവും അതേ സമയം ദർഭനവുമായുള്ള ആശയങ്ങൾ ഒരു ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രായോഗികമായി ചിന്തിക്കാനും മനസ്സിലാകാനും പ്രയോഗിക്കാനും കഴിയുന്നുള്ള ആശയങ്ങളുണ്ട് പക്ഷെ ആത്മീയക്കാർക്ക് പൊതുവെ ഭൗതികത്തിലാണ് ചിലത് അതുകൊണ്ട് അവർക്കിതിരുന്നു താല്പര്യമില്ല അവർക്കിതൊന്നും ആവശ്യമേ അവരിതിനെയൊക്കെ പുച്ഛനും എന്നിട്ടതിന്റെ പരി അവരിവിടെയൊന്നും മാറിയിരുന്നിട്ട് അവർക്ക് പകരം ഇവിടെ ഒരു എന്താണ് പട്ടിയെ പൂച്ചയൊക്കെ കൊണ്ടിരുത്തും നീ കേ പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്തുകൊണ്ട് പൊതുവെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആത്മീയ സമൂഹങ്ങൾ എല്ലാം ഒരു വിഡ്ഢികളുടെ സമൂഹമാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുണ്ട് വീണ്ടും പറയുന്നു എന്താണ് സംസാരം അസാത്യം വ്യക്തിഷ്ഠത്യവഹേളയ ഉച്ചൈഷേലെ കാരണസ്യ സംസ്തരെ സംസാരമോ ആ സാധ്യ ഈ സംസാരത്തെ പ്രാപിച്ചിട്ട് അത് വളരെ അർത്ഥവത്തായ ഒരു ആശയം സംസാരത്തെ പ്രാപ്യാ ജനിച്ചിട്ടില്ല അർത്ഥം ഇവിടെ ജീവിച്ചിട്ടെന്നും അർത്ഥമല്ല ജീവിച്ചു എന്നുള്ള അർത്ഥം വാശിഷ്ഠത്തിന്റെ ശൈലിന് മനസ്സിലാകുന്നു ഇവിടെ ജനിച്ചു ഇവിടെ ജീവിക്കുന്നു ജീവിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയുകയാണ് സംസാരമാണ് എന്ന് പറഞ്ഞാൽ ഇത് മറികടക്കേണ്ടാണ് തിരിച്ചറിവ് അതാണ് അസാധ്യം അതിനെ പ്രാപിച്ചിട്ടെന്ന് പറയും അങ്ങനൊരു തിരിച്ചറിവില്ലെങ്കിൽ ഇവിടെ ജനിക്കുന്നതിനും ജീവിക്കുന്നതിനും മരിക്കുന്നതിനും മനുഷ്യർ യാതൊരു ഉത്കണ്ഠയുടെ ആവശ്യമില്ല വേറൊരു വ്യസനത്തിന്റെ ആവശ്യം ഇവിടെ ജീവിച്ച് മരിച്ചു പോകും പക്ഷെ ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കണം അടുത്ത് പറയുന്നത് ശാന്തിയെ കുറിച്ചാണ് അടക്കം പറയുന്നത് അപ്പോ ഒരുവന്റെ ആത്മശാന്തി എന്ന് പറയും ഇപ്പം ആത്മാവെന്ന് പറയുന്നവരിൽ ഒന്നില്ല എന്ന് വെച്ചോളൂ അതാ ആത്മവിദ്യുന്ന ഒന്നും ഇല്ല ആത്മില്ല രണ്ടും ഇല്ലെങ്കിലും എന്താണ് ആത്മശാന്തി മനുഷ്യന് വേണ്ടത് അപ്പൊ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ പരിഹാരം സാധ്യമാകും പറയുന്നത് ഇതിന്റെ ദോഷങ്ങളെ ഇവിടുത്തെ പ്രശ്നങ്ങളെ എല്ലാം തിരിച്ചറിഞ്ഞിട്ട് സംസാരത്തെ പ്രാപിച്ചിട്ടെന്ന് പറയുന്നതാണ് അത് പ്രാപിച്ചതിന് ശേഷം സംസാരം ഹിമം എത്തിഷ്ടത്തിയവഹം വളരെ പുച്ഛത്തോടും നിന്ദാഭാവത്തോടുകൂടി ഇതൊക്കെ എന്തോ അവന്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കുക അവന്റെ അടുത്ത് പറയാൻ പോകുന്ന ശ്രമം ശാന്തിക്ക് തത്സന്ധിക്കുന്ന കാര്യങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിക്കുക അവരെ പുച്ഛിക്കുക അവഹേളിക്കുക നിന്ദിക്കുക എന്നുവെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിനുള്ള വലിയൊരു ശതമാനം പ്രശ്നങ്ങൾ ഭൗതികമായ പ്രശ്നങ്ങൾ ഈ ഭൗതികമായ പ്രശ്നങ്ങളാണ് ആത്മീയമായ അശാന്തി ഉണ്ടാകും അതിന് ഭൗതികമായി തന്നെ പരിഹാരങ്ങൾ കണ്ടെത്താം എന്ന് കരുതുന്നതാണ് ഇവിടുത്തെ അവഹേളനങ്ങൾ ഭൗതികം വേണ്ടതാണ് ഭൗതികമായും പരിഹാരങ്ങളും വേണ്ടതാണ് പക്ഷേ ആത്മശാന്തി ഭൗതികമായ പരിഹാരം കൊണ്ട് മാത്രം നേടാൻ പറ്റില്ല അത് വിവേകമുള്ള ഭൗതിക ശാസ്ത്രജ്ഞന്മാരും അംഗീകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഒടുവിൽ ഒടുവിൽ വന്നിട്ട് ഫിലോസഫി ഓഫ് സയൻസ് സയൻസിന് ഒരു ഫിലോസഫി വേണം എന്ന് പറഞ്ഞു അന് സ്റ്റേജിൽ ഭൗതികമായ അങ്ങനെ സാധിക്കത്തില്ല അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യൻ ഉപേക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല മനുഷ്യൻ മനുഷ്യൻ മനസ്സെന്ന് പറയുന്ന ഉള്ളിലുണ്ടോ അത്രയും കാലം അവൻ കൂടിയേറ്റി ആത്മീയ നിലപാടുകൾ കൊണ്ട് മാത്രമേ ഭൗതികമായ പ്രശ്നങ്ങളെ പരിഹാരം കണ്ടെത്താൻ പറ്റൂ എന്നായിടത്തും അത് ആവശ്യമാണ് അപ്പോ എന്താണ് ഈ ഭൗതികമായ സമൃദ്ധി അപ്പോ ആത്മീയതയ്ക്ക് മേൽ ഭൗതികതയ്ക്ക് മേൽക്കോയ്മ അങ്ങനെ അത് അനസ് പറയും ഞാനെങ്കിലും ആത്മീയതയ്ക്ക് എതിരെ ഒരു ആത്മീയ തത്വത്തിന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഞാൻ എതിർക്കുന്ന എന്തിനാണ് ആത്മീയ ചൂഷണങ്ങള് സംഘടിതമായ മതപ്രവർത്തനങ്ങൾ എന്നോടൊന്ന് ഞാൻ ഞാൻ ദൈവത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന അതിനെക്കുറിച്ച് വേറെ സന്ദർഭത്തിൽ പറയാം അപ്പോ അതാവശ്യമാണ് മനുഷ്യന് ആന്തരികമായ ഒരു ബോധം നിലനിർത്തുക അവിടെ ആത്മീയത അത് മതങ്ങൾ പഠിപ്പിക്കുന്ന ആത്മീയത അല്ല അങ്ങനെ ധരിക്കരുത് അതിനെക്കുറിച്ചല്ല പറയും അത് എന്താണ് ശുദ്ധമായ വിവേകം മനുഷ്യന്റെ വിവേകം അത് മതങ്ങളുടെയെന്നും ആവശ്യം മതങ്ങൾ പഠിപ്പിക്കുന്ന ആത്മീയത എന്ന് പറയുന്നത് എന്താണ് ഓരോഹിത്യത്തിൻ്റെ ആധാത്യത്തിന് വേണ്ടി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യനും ഇന്ന് വരാൻ പോകുന്ന മനുഷ്യനും അതുകൊണ്ടെന്ന് പറയുന്നത് ഇവിടെ വിവേകമെന്ന് പറയുന്നത് അതാണ് ആത്മശാന്തിക്ക് ഉപകരിക്കുന്ന അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് അങ്ങനെ ഒരു ബോധം വന്നിട്ട് യത്തിഷ്ടത്തിൽ അവഹേളയ അതിനെ അവഹേളിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് ആത്മീയതയെ നിന്ദിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അവൻ എന്താ ചെയ്യുന്നത് ദുരിതസ് ഗ്രഹസ് തീപിടിച്ച ഒരു വീട്ടിൻ്റെ ഉച്ചേരി അതിന്റെ മുകളിൽ പൊലപ്പുറത്തെന്ന് പറയും മലയാളത്തിൽ താർണസ്യ സംസ്തരയിൽ ശരി താർണസ്യ പുല്ലുകൊണ്ടുള്ള സംസ്തരം കിടക്കയിൽ അവൻ സുഖമായി കിടന്നുറങ്ങി ശരി ഒരു തീ പിടിച്ച വീടിന്റെ മുകളിൽ പുൽ കിടക്കൈ പുൽമെത്ത സുഖമായി വിളന്നൊരാൾ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ സുഖം എന്തായാലും അയാളുടെ സുഖത്തിന് എത്ര ആയുസ്സാണ് അതുപോലെയാണ് ആത്മീയ ചിന്തയില്ലാതെ ഭൗതികമായ മേന്മകളിൽ മാത്രം അഭിമാനിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അവരെ കുറിച്ചാണ് കൂടെ പറയുന്നത് ഭൗതി ഭൗതികമായ മഹത്വങ്ങൾ എല്ലാം അതിന് മാത്രം ശ്രദ്ധിക്കുമ്പോൾ അവിടെ വിവേകം നഷ്ടപ്പെടും ആത്മീയമേക്കാമെന്നുള്ള വിവേകമാണ് അല്ല ബാഹ്യമായ ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പുരോഹിതന്മാരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അടിച്ചെത്തിക്കുന്ന ചടങ്ങുകളൊന്നും അല്ല ഇവിടെ പറയും അറിവിനാണ് ഇവിടെ പറയുന്നത് എപ്പോഴും പറയും ശരിയായ വിവേകം തുടക്കിയ ഭാഗങ്ങളെല്ലാം പറയുന്നത് അത്ര ഒരു തിരിച്ചറിവിനെ കുറിച്ചാണ് അപ്പൊ മറിച്ച് മനുഷ്യൻ ഭൗതികമായി ഇങ്ങനെ ഒരുപാട് പുരോഗമിക്കുകയും അവിടെ ആത്മീയത നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു നഷ്ടമാണ് അതുകൊണ്ടാണെന്ന് എന്താ പറയുക കലഹങ്ങൾ എല്ലായിടത്തും കലഹങ്ങളിൽ നിന്നും മാറിയിരിക്കാൻ പറ്റുന്നില്ല അതാണ് ഇന്നത്തെ ഒരു വലിയൊരു സംശയം നിങ്ങൾ കലഹങ്ങൾ കണ്ടിട്ട് കലഹത്തിൽ നിന്ന് മാറി നീക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാറി ചെന്നാൽ അവിടെയും കലക അതാണ് ഒരു സ്ഥലത്തുനിന്ന് വേറെ തീർന്നാൽ അവിടെ കലകൾ വേറെ തീർന്നാൽ അവിടെ കല അപ്പോ കലഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നോക്കി ജീവിതകാലം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടത് എല്ലായിടത്തും ഭൗതികാസക്തിയാണ് സർവത്ര സർവ സ്ഥലങ്ങളിലും അതേ ഉള്ളു അവന് ആത്മീയ കേന്ദ്രങ്ങളായാലും ശരി മനുഷ്യന്റെ സാധാരണ ഭൗതിക ജീവിതത്തിലായാലും എല്ലായിടത്തും കാണുന്നു ഭൗതികാസക്തി മനുഷ്യൻ ഭൗതിക ആസക്തി കൊണ്ട് ഓടുന്നു അവന്റെ പേരിൽ സ്വയം പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടുന്നു പതിഞ്ഞ് മുറുകുന്നു ടെൻഷൻ അനുഭവിക്കുന്നു സ്വസ്ഥതയില്ല സമാധാനമില്ല എന്നാലും വ്യർത്ഥമായ ആത്മസംതൃപ്തികളിൽ മനുഷ്യനെ അഭിരമിക്കും വ്യർത്ഥമാണ് ഇതൊക്കെ നേരിട്ട് മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളാണ് ആരും പഠിപ്പിച്ചാലും ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി ഏത് പുസ്തകത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളെക്കാളും വലുതാണ് ഈ വയസ്സുകാലത്ത് തിരിഞ്ഞു പോകുമ്പോൾ ജീവിതം പഠിപ്പിച്ച പാഠം ആത്മീയമായി തന്നെ അതിന് ബ്രഹ്മസൂത്രത്തെക്കാളും ഭഗവത്മീയതയെക്കാളും വലിയ പൗറുണ്ട് ശക്തിയുണ്ട് അതുകൊണ്ടാണ് എല്ലായിടത്തും മനുഷ്യനെന്താണ് ഈ ഭൗതിക ആസക്തി കിടന്ന വലയിൽ അതിനിടെ ശാന്തി എല്ലാവരെയും പുറപ്പുറത്ത് മത്തയിട്ട് ഉറങ്ങുന്നു ഇതാണ് അവസ്ഥ അതുകൊണ്ടാണ് എന്താണ് കലഹമില്ലാത്ത ഒരിടം ഒന്ന് കാണിച്ചു ഇവിടെ അറിയില്ല കലഹമില്ലാത്ത മനസ്സ് നിങ്ങൾ അന്വേഷിച്ചിടന്നാൽ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നു പക്ഷെ കലഹമില്ലാത്ത ഒരിടം അത് കാണാൻ പറ്റത്തില്ല പറയുന്നുണ്ടെങ്കിൽ അതെന്താണ് അത് വെറും പൊള്ളയായ ഒരു അവകാശവാദം മാത്രം വ്യർത്ഥമായ അവകാശപരമായിട്ടുണ്ട് സർവത്ര കലഹമാണ് കലഹത്തിന് ഒരിക്കലും ആത്മീയത കാരണമാകുന്നില്ല ആത്മീയത ശരിയായ ആത്മീയത അതൊരിക്കലും കാരണമാകത്തില്ല ആത്മീയത ഒന്നിരുമ്പോൾ നമ്മൾ ഒരിക്കലും നരബല്യെക്കുറിച്ച് ചിന്തിക്കരുത് അതല്ല അവന്റെ ഹൃദയവിശുദ്ധിക്ക് ഉപകരിക്കുന്ന ആത്മീയത അതൊരിക്കലും കലഹത്തിന് പിന്നെ എന്താണ് ഭൗതികം തന്നെയാണ് പൊതുവെ നോക്കിയാൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ പടിഞ്ഞാറ് കിടക്കുന്ന കടലുപോലും ഒരിക്കലും അത് അല എപ്പോഴും അങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം കലഹങ്ങളിങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ശാന്തി എന്ന് പറയുന്നത് കാണാൻ പിന്നെ വരേണ്ട എവിടെയാണ് അവനവൻ്റെ ആത്മീയ ശാന്തി എന്ന് പറയുന്നത് അത് വിവേകം കൊണ്ടേ സംഭവിക്കുമെന്നാണ് പറയുന്നത് ശരിയായ വിവേകം തിരിച്ചറിഞ്ഞുകൊണ്ടേ സാധിക്കും അതാണ് ഉടൻ പറയുന്നത് എന്ത് ഈ സംസാരത്തെ പ്രാപിച്ചിട്ട് അഹേളയാഷ്ടവനാണോ കുച്ഛത്തോടുകൂടി ജീവിക്കുന്നത് പ്രത്യക്ഷ ചിന്തിച്ച നിൽക്കുക എന്നുള്ളതാണ് പശ്ചാത്തലത്തിൽ അവിടെ പ്രസക്തിയൊന്നുമില്ല സഹ അവനെന്ത് ചെയ്യുന്നു ജുലസ്യ ഗ്രഹസ്യ ഉച്ച തീപിടിച്ച വീട്ടിന്റെ മുകളിൽ താറസ്യ സംസ്കദേശീത പുൽക്കിടക്കിൽ ഉറങ്ങുകയാണ് അത്രയും പറഞ്ഞ അവനെ വ്യാഖ്യാനിക്കേണ്ട എല്ലാതിനകത്തുണ്ട് യ്രാപ്യന നിവർത്തന്ത സംശയ സംശയ ഇവിടെ ഈ ജീവിതത്തിൽ തന്നെ ഇവിടെ പറയുന്ന കാര്യം ഉണ്ട് എന്താണ് ഇനി പറയാൻ പോകുന്ന ശ്രമവും മറ്റു കാര്യങ്ങളുമല്ല അതിനെക്കുറിച്ച് പറയുകയാണ് രക്താപ്യന നിവർത്തന്ത അങ്ങനെ ഒരു അവസ്ഥയിൽ മനസ്സെത്തിച്ചേർന്ന അങ്ങനെ ഒരു സ്ഥിരത സ്ഥിതപ്രജ്ഞത കുറയുന്നു സ്ഥിതപ്രജ്ഞതയെന്നും പറയാം സ്ഥിരപ്രജ്ഞതയെന്നും പറയാം രണ്ടുപേരെ അർത്ഥം അത് നേടിക്കഴിഞ്ഞാൽ നിവർത്തന്തേ അവൻ അങ്ങനെ ഒരു മാനസിക സ്ഥിരതയെ പ്രാപിക്കാത്തവരെ പോലെ അത്രയും അവൻ ദുഃഖിക്കുന്നില്ല അതാണ് അത് ഒന്നും വർത്തിക്കുന്നില്ല എന്ന് പറയും ഇതെല്ലാം പറയുന്നത് മരിച്ചതിന് ശേഷമുള്ള കാര്യമുണ്ടാസാധ്യന്റെ ശോചത്തി മരിച്ചതിന് ശേഷം എന്താ വായിക്കട്ടെ പറയുന്നത് പിന്നെ ബ്രഹ്മം മാത്രം നമുക്കറിയുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ അതാണ് അസാധ്യന്റെ സാധാരണ മനുഷ്യൻ ദുഃഖിക്കുന്നത് പോലെ അവൻ ദുഃഖിക്കുന്നില്ല തത്പംശീല ഈ പദം എന്ന് പറയുന്നത് എന്താണ് സ്വമിശീലിച്ച ബുദ്ധി ബുദ്ധി കൊണ്ട് ലഭ്യമാണ് അറിവുകൊണ്ട് വിവേകങ്ങൾ പല പദങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടാവും എപ്പോഴും പ്രാധാന്യം വിവേകത്തിൽ ശേഷിയും സേമിഷിയും രണ്ടു കാര്യങ്ങളും വിവേകം ത്തിന്റെ പ്രയോഗം അതാണ് ശേഷി നമുക്കതിന് ശേഷിയില്ലാ നമുക്ക് പറയും അതിന് കഴിവില്ലാന്ന് ശേഷി ശക്തി പോവാ അപ്പോൾ രണ്ടും ഒരുമിക്കണം വിവേകം പ്രയോഗിക്കുകയും വേണം അപ്പൊ വിവേകം പ്രയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിവേകത്തിനുള്ള ഒരു നാപാത നമുക്കറിയാം പക്ഷെ അതിന് ഒരുപാട് ദോഷങ്ങൾ വരുന്നു നമ്മൾ സമൃതി നാശം ബുദ്ധിനാശം ഇതൊക്കെ വരുന്നു അപ്പോൾ അത് പ്രയോഗത്തിലില്ല ജീവിതത്തിലില്ല മനസ്സിലാക്കിയിട്ടുള്ളു ും അവസരത്തിൽ പ്രയോഗിക്കാൻ പറ്റില്ല പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കാൻ പറ്റില്ല കണ്ണടപ്പ് അപ്പൊ പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കണമെങ്കിൽ അതിനുവേണ്ടാണ് ശേഷി അപ്പൊ ശേഷിയും സേമിഷിയും ഒരുമിച്ച് വരും അതുകൊണ്ട് ലഭ്യമാകുന്നതാണ് ആറുകൊണ്ട് ലഭ്യമാകുന്നതാണ് എന്താണ് തത്പദം ഈ തത്പദം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണിത്ത ധാമ പരമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ വൈകുണ്ടെന്നും ധരിക്കേണ്ട ഇവിടെ പറയുന്നു അസേവ അത്ര ഉള്ളതാണ് ആ അറിവിന്റെ പരിപക്വത മനുഷ്യന് കൊടുക്കുന്ന ആന്തരികമായ പരിപക്വമായ ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ തന്നെ ഇവിടെ തന്നെ എനിക്ക് മരിക്കുന്നതിന് ജീവിച്ചിരിക്കുമ്പം തന്നെ വിവേകത്തിലുള്ള ഒരു പക്വമായ അവസ്ഥ അത് ഇവിടെ അത് നേടിയില്ലെങ്കിൽ നീ ഇതൊക്കെ ഇതൊക്കെ ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ടും ഒന്നെല്ലാം പ്രയോഗം അപ്പോൾ ഇതെല്ലാം നമ്മളെ നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഇതിനർത്ഥമില്ലല്ലോ മരിച്ചതിന് ശേഷം പിന്നെ നേടുക എന്താ കാര്യം അതുകൊണ്ടും ഇവിടെ പറയുന്നു ലഭ്യമായ അവന്റെ ബുദ്ധി കൊണ്ട് നേടുന്ന കാര്യം അവന്റെ അറിവ് കൊണ്ടും കൊണ്ട് നേടുന്ന എന്താണ് അത് അത്ര ഇവിടെ തന്നെയുണ്ട് എന്ന സംശയം ഒരു സംശയം ഇവിടെ സംശയരഹിതമായ എന്ന് പറയും അതുതന്നെ വിവേകം എന്ന് പറയും അവിടെ എപ്രാപ്യ നിവർത്തന്റെ ഏതൊന്ന് നേടിയിട്ടാണോ നിവർത്തിക്കാതിരിക്കുന്നത് യഥാസ്യ ചോദ്യം ഏതൊന്നും നേടിയിട്ടാണോ നിവർത്തിക്കാതിരിക്കുന്നത് ചേമൃഷി ലഭ്യ ബുദ്ധികൊണ്ട് പ്രാപ്യമായ തത്പമാ പദം അത്രേവാസ്തി ഇവിടെ തന്നെയുണ്ട് ഇട സംശയ സംശയിക്കേണ്ട കാര്യങ്ങളേക്ക് നുമ്പ് പറഞ്ഞതിന് തുടർച്ചയായും വിശദീകരിച്ചാലും നുമ്പ് പറഞ്ഞതേ പറയാനോ നസ്തി ചേരേണ ദോഷക്കോ ഭതാം ഭവേ അസ്തി സംസീർണ ഭവ്യധ ഭഗവാൻ വാങ്ങി ഞാൻ ഇരിക്ക വ്യാഖ്യാനത്തിലുള്ള ഒരു സന്ദിഗ്ധേ പരലോകേ വരം ശ്രീവധാ സഥാ കിംസ്യതി സാസ്തികോ ഹരുകൂട്ടരാസ്തികന്മാർ മറ്റൊരു നാസ്തികന്മാരെ തീസ്റ്റേ സ്പെക്ടിക്കും സ്പെക്ടിസിസ് സംശയാർ അഗ്നോസ്റ്റിക്കുകൾ അഗ്നോസ്റ്റിസിസ് അജ്ഞേയവായി ഇങ്ങനെ വ്യക്തികൾ പല പലതരത്തിലാണ് അസ്തിത്വവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായ വിശ്വാസം ഈശ്വരനുണ്ട് ഈശ്വരനുണ്ടെന്നുള്ള കാര്യത്തിൽ മാത്രം വിശ്വാസവാദികൾ അവർ ഈശ്വരവാദത്തിന്റെ കാര്യത്തിൽ മാത്രമുണ്ടാവും വിശ്വസിക്കുന്ന ഏത് കാര്യത്തിനും അവർ വിശ്വസിക്കും ഒന്നിനും അവർ തെളിവ് ആവശ്യപ്പെടത്തില്ല തെളിവ് ചോദിക്കുന്നില്ല എന്റെ വിശ്വാസം സാധാരണ പറയട്ടെ നീ പറഞ്ഞോ ശരി ഞാൻ മിസ്സസ് നിന്നെ എനിക്ക് വിശ്വാസം ഈ നിലപാട് പറയും വിശ്വാസവാദികളെന്ന് പറയണം ദൈവത്തിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു നല്ലവരും പാവങ്ങളുമാണ് അവരെ കുറിച്ച് എന്ന് പറയുന്നത് പച്ചവെള്ളം കൊരിയിട്ട് താമൃതാണെന്ന് പറഞ്ഞാൽ അവരെ കുടിക്കും അവരങ്ങനെ വിശ്വാസിച്ച വഴി പോകുന്നു അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക് തീരെ ആവശ്യമില്ലാത്ത ഒന്നാണ് എന്ത് വിവേകം അത് ഉപയോഗിക്കേണ്ട ആവശ്യം അവർക്ക് വരണ്ട് ജീവിതത്തിലൊരിക്കലും അങ്ങനെ ഒരു സാധനം ഉപയോഗിക്കേണ്ട ആവശ്യമേ അവർക്ക് വരുത്തില്ല എന്നുണ്ടോ അവർക്ക് പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് അത് അവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം സ്പെക്ടിക്കുകൾ അങ്ങനെ അല്ല അവരെല്ലാം സംശയി ദൈവത്തെ മാത്രമാണ് മനുഷ്യനെയും സംശയി അവർ പറയും വിശ്വസിക്കുന്നു തെളിവ് കൊണ്ടുപോയി തെളിവ് കൊണ്ടുവന്നാ ഞാൻ വിശ്വസിക്കും ദൈവമായ ചെറിയ ആരായാലും എനിക്ക് ബോധ്യപ്പെടുന്ന തെളിവണോന്നു അവർ ഏത് കൂട്ടത്തിൽ നിന്നാണ് ചിലപ്പോൾ അവർ വലിയ നിരീശ്വരവാദിയായാലും അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു തെളിവ് കിട്ടി അവർ ഈശ്വരവിശ്വാസിയുമാണ് ചിലപ്പോൾ ഈശ്വര വിശ്വാസിയായാലും അവരുടെ കയ്യിൽ ഇരുന്ന തെളിവ് കത്തിപ്പോയി നിരീശ്വരവാദത്തിലേക്ക് പോകും ഇവർ അങ്ങോട്ടിഞ്ഞോട്ടൊക്കെ പോകും കാരണം അവർക്ക് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്ന എന്താണ് കൊണ്ടുപോകുക തെളിവ് കൊണ്ടുപോകും ജ്ഞേയവാദി എന്ന് പറയുന്നത് എന്താണ് ഈശ്വരൻ അതെന്തോ അതീന്ദ്രിയമായൊരു കാര്യമാണ് ഞങ്ങളതിൽ വിശ്വസിക്കുന്നില്ല അവിശ്വസിക്കുന്നുമില്ല ഞങ്ങൾക്കത് അറിയില്ല ഞങ്ങൾ വിശ്വസിക്കാനും തയ്യാറല്ല വിശ്വാസവിശ്വാസം എന്ന് പറയുന്നത് രണ്ടും ഞങ്ങളുടെ ഡിക്ഷണറിയിലേ അവർ ഇത് പറയുന്ന ഈശ്വര വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യം അഗ്നോസിസ്റ്റുകൾ അവർ എല്ലാ വിഷയങ്ങളിലും അല്ല അവർ പറയുന്നത് ഈശ്വരവിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇതെല്ലാം ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഫിലോസഫേഴ്സ് ഉണ്ട് ഹക്സി പോലെയുള്ളവരാണ് പറയുന്നത് അഗ്നോസ്റ്റിക് അവർ പറയുന്നതാണ് ദൈവമുണ്ടോ ഇല്ല അത് എന്താ വിശ്വാസ അങ്ങനെ വിശ്വസിക്കാനും ഞങ്ങൾ തയ്യാറില്ല അവിശ്വസിക്കാൻ എന്തുകൊണ്ടത് അവർ പറയുന്നത് ഇനി ഒരു ദൈവം ഉണ്ടെങ്കിലും മനുഷ്യനെ അറിയാൻ പറ്റില്ല എന്തുകൊണ്ടത് നമ്മൾ പറയുന്ന ദൈവം എന്ന് പറയുന്നത് ഭൗതികത്തിന് അതീതമായൊരു കാര്യമാണ് മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ കഴിവുകളും എല്ലാം ഈ ഭൗതികത്തിൽപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് അതിനതീതമായൊരു കാര്യത്തെ ഒരിക്കലും മനുഷ്യന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി വരുന്നത് നാസ്തികന്മാർ അവർ പല വിഭാഗങ്ങൾ നാസികന്മാര് അവര് നാസ്തികന്മാർ നാസികന്മാരുടെ പറയുന്നത് എന്താണ് അവര് ഈശ്വരനങ്ങളേ തെളിവ് കൊണ്ടുപോവാം പിന്നെ വേറെ കൂട്ടർ പറയുന്നത് എന്താണോ ഈശ്വരൻ്റെ ഒരിക്കലും തെളിവ് ഉണ്ടാകത്തില്ല ഞങ്ങളത് അംഗീകരിക്കത്തുമില്ല ഒരു വാശിയുള്ളവരാണ് മാത്രമല്ല ഈശ്വരൻ ഇല്ല എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാനും കഴിയും അവരാണ് വാദപ്രവാഹത്തിനൊക്കെ ഞങ്ങൾക്ക് ഈശ്വരൻ ഇല്ല എന്ന് തെളിയിക്കണം അങ്ങനെ പറയുന്നു പല കൂട്ടരുണ്ട് അവർക്ക് ഒരു കൂട്ടർ എല്ലാത്തിനും പല ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് രണ്ട് കൂട്ടം കുറിച്ചാണ് ഒന്ന് അഗ്നോസ്റ്റിക്ക് മറ്റൊന്ന് സ്കെപ്റ്റിക്കുക അപ്പോൾ രണ്ടുപേരും എടുത്തോ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്തായാലും ശരി ഇതിനീകരിക്കാം എന്നുള്ള ധനം സന്ധിപ്പ് കരുണമോയി പരം ശുദ്ധിപ്രതമാണ് ഞങ്ങൾ പറയുന്ന ശരി എന്താസ്യ ശരി അതൊന്നും ഇല്ലെങ്കിലും തന്നെ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല എന്താ കൊണ്ട് കുറച്ച് ഞങ്ങൾ കൂടെ ചേർന്ന് വിചാരിച്ച നഷ്ടം വരുന്ന ഒന്നുമില്ല ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തി നാസ്തികോ ഹത എനിക്കറിയില്ല സ്വർഗമുണ്ടോ എന്നുള്ളവർ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് കൂട്ടർ പറയും കാരണം കൂട്ടർ പറയുന്നു ഇല്ല ഉറപ്പാണ് അതിന് തെളിവില് രണ്ടു കൂട്ടർക്കും നഷ്ടമാണ് എങ്ങനെയാണെങ്കിലും സ്വർഗമുണ്ടെങ്കിലും ഒരുപക്ഷുണ്ടെങ്കിലും അതുകൊണ്ട് തൽക്കാലത്ത് ഞങ്ങളെ കൂട്ടി തോന്നില്ല ഉണ്ടെന്നുള്ള പക്ഷേ ഇത് പൗരോഹിത്യവാദമാണ് എല്ലാ മതങ്ങളുടെയും എല്ലാ പുരോഹിതങ്ങളും ലോകത്തുള്ള മനുഷ്യർ ഏറ്റവും കുറുക്കെട്ടായിട്ടുള്ള ബുദ്ധി പുരോഹിതന്മാർക്കാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു ജാതിയെ പറയുകയല്ല എന്റെ മേളി ആരും കുതിര കയറുന്നത് അപ്പ പൗരോഹിത്യ ബുദ്ധിയെക്കുറിച്ച് പറയും ഏറ്റവും കുറുക്കടായിട്ട് അത്രക്കൊരു മനുഷ്യരാശ മനുഷ്യ സമൂഹത്തെ ഇത്രയും കാലം പറ്റിച്ചിട്ടുള്ള വേറെ ആരും ബൗദ്ധികമായി വഞ്ചന നടത്തിയിട്ടുള്ള ചൂഷണം നടത്തിയിട്ടുള്ളത് വേറെ ആരും അത് പൗരവിക്കുന്നതെന്ന് നിങ്ങളങ്ങനെ ധരിക്കരുത് നമ്മുടെ കുടൈബിന് ഗണപതി ഹോമം ചെയ്യുന്ന ആളാണെന്ന് അതല്ല ഒരു താങ്കൾ മനുഷ്യസമൂഹത്തെ സ്വസ്വാധീനത്തിൽ നിർത്താൻ അവരെ ചലിപ്പിക്കുകയാണ് ഒക്കെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ശാസ്ത്രങ്ങൾ രചിച്ചവരെ കുറിച്ച് ഞാൻ പറയും മനുഷ്യന് ദോഷകരമായ രീതിയിൽ വിനാശകരമായ രീതിയിൽ ബുദ്ധി ഉപയോഗിച്ചവരെ കുറിച്ചാണ് പറയുന്നത് ഓ എന്താണ് ഇപ്പോൾ ഓരോ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾ അറിവ് നേടുക എന്നുള്ളതാണ് അറിവിനെ കുറിച്ചാ പറയുന്നത് ആ അറിവിനൊരു നല്ല വശമാണ് നിങ്ങൾക്കിപ്പോ ബ്രഹ്മത്തിൽ വിശ്വാസം വേണ്ട പക്ഷെ ഇവിടെ പറയുന്ന അറിവ് നിങ്ങൾ ബ്രഹ്മം ഇല്ലെന്ന് ആയിക്കോട്ടെ എന്നാലും ഇവിടെ പറയുന്ന അറിവ് നിങ്ങളുടെ മനസ്സിന് ശമർത്ഥുണ്ടാക്കാം അതാണ് ഈ അറിവിന്റെ പ്രത്യേകത ഇവിടെ അറിവിനാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് ഈ അറിവിന് പ്രത്യേകതയുണ്ടെന്ന്